ഇപ്പോ ഇനിമത്തിനെ പറയാണ് അറിവിനെ പറഞ്ഞു ഇനി കർമ്മം നിയതം സങ്കരഹിതം കർമ്മത്വിക കർമ്മം എങ്ങനെ സാത്വികം ഫസ്റ്റ് ഒരു കണ്ടീഷൻ പറഞ്ഞു നിയതം അതായത് സ്വാഭാവികമായ കർമ്മം വേറെ ഒരാളുടെ കർമ്മത്തിനെ കണ്ടു മോഹിച്ച് അതിൽ പോയി കൈവയ്ക്കരുത് അതാണ് ഗീതയുടെ ഫസ്റ്റ് ഡെഫനിഷൻ സ്വധർമ്മം ഏത് സ്വാഭാവികമോ നാച്ചുറലോ അത് പലപ്പോഴും നമ്മൾ അതിനെ അവഗണിക്കും അവഗണിച്ചിട്ട് പണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നാൽ എങ്ങനെ ശരിയാവും എന്ന് വിചാരിച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടുള്ളതിനെ നമ്മൾ അവഗണിക്കും സ്വാഭാവികമായിട്ടുള്ളതിനെ അവഗണിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ സെല്ലിന്റെ ഉള്ളിലും കോൺഫ്ലിക്ട്സ് ഉണ്ടാവും നമ്മളുടെ പ്രകൃതി നമ്മളെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞു ദാറ്റ് വിച്ച് ഈസ് നാച്ചുറൽ ടു യു നിയതം സ്വാഭാവികം നിത്യകർമ്മം മാത്രല്ല ആ കർമ്മം എപ്പോഴും ചെയ്യാൻ പറ്റണം എന്നുള്ളതായിരിക്കണം എന്നെങ്കിലും ഒരു ദിവസം ചെയ്യണ കാര്യമല്ല ചെറിയ അനുഷ്ഠാനാദികൾ പോലും അങ്ങനെയാണ് നമ്മൾക്ക് ദിവസം ചെയ്യാൻ പറ്റുന്ന അനുഷ്ഠാനങ്ങളെ ഏറ്റെടുക്കണം ഈ അനുഷ്ഠാനം ചെയ്യാൻ ദിവസം ചെയ്യാൻ പറ്റുമോ നോക്കണം ഇത്ര ജപം ചെയ്യണം അയ്യായിരം പഞ്ചാക്ഷരം ജപിക്കാൻ പോകണമെന്ന് തീരുമാനിച്ച അയ്യായിരം ജപിക്കാൻ പറ്റുമോ ദിവസം പറ്റുമോ പറ്റുമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ എനിക്ക് നാലായിരം ജപിക്കാൻ പറ്റുമെങ്കിൽ മൂവായിരം ജപിച്ചാൽ മതി ഇന്നത്തെ മുടക്കം വരില്ല ഋഷികൾ ഈ നമ്മളുടെ ബയോളജിക്കൽ ക്ലോക്കിനെ സെറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിച്ചു ഒരു സിസ്റ്റം കൊണ്ടുവരാനായിട്ട് പ്രകൃതി മുഴുവൻ നോക്കുക സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കണത് ചന്ദ്രൻ ഉദിക്കണത് അസ്തമിക്കണത് ആ ഋതുക്കള് പക്ഷം മാസം ഒക്കെ പെർഫെക്റ്റ് ഋതമാണ് സന്ധ്യാവന്തന മന്ത്രത്തിൽ തന്നെയുണ്ട് ഒന്ന് ജ്ഞാനത്തിന് സത്യമെന്നും പ്രകൃതിയിലെ സിഷ്ടത്തിന് ഋതമെന്നുമാണ് ഋതകും സത്യം പരം ബ്രഹ്മ സംഗീതത്തിലെ ശ്രുതിയും താളവും പോലെയാണ് ഇത് രണ്ടും പിഴക്കാതെ പാടിയാൽ പെർഫെക്റ്റ് ആയി ശ്രുതിയിലെ ഉള്ള ശ്രദ്ധ വിടാൻ പാടില്ല ആ താളം തെറ്റാതെ ശ്രുതി പഴക്കാതെ പാടുന്നവനാണ് നല്ല സംഗീതജ്ഞൻ ശ്രുതിർമാതാ ലയഫ് പിത എന്നാണ് അതുപോലെ ജ്ഞാനത്തിന് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് പ്രകൃതിയുടെ ഋതത്തിന് മനസ്സിലാക്കി ആ ഋതം സെറ്റ് ചെയ്യൽ ഒരു അവര് ഒരു ജന്മത്തിൽ വളരെ ബുദ്ധിമുട്ടാണോ എന്നുള്ളത് കൊണ്ടാണ് കൊണ്ടുവന്ന് പരമ്പര പരമ്പരയായിട്ട് ആ ക്ലോക്കിനെ സെറ്റ് ചെയ്തത് നമ്മള് ഒരു ചെറിയ ഒരു കുറച്ച് സ്പാൻ്റെ ഉള്ളിൽ അത് മുഴുവൻ ഡിസ്റ്റർബ് ചെയ്തു നമ്മളുടെ ബുദ്ധിയിലുള്ള കോളാറ് കൊണ്ട് അതിലൊക്കെ ദുരുദ്ദേശം കണ്ട് അതിന് മുഴുവൻ ഡിസറപ്റ്റ് ചെയ്തു അതിൽ കുഴപ്പമുണ്ടായിരുന്നു കുഴപ്പം നമ്മൾ വരുത്തിയതാണ് അവർ കണ്ടുപിടിച്ചതിലുള്ള കുഴപ്പമല്ല അവർ ആ ഇതിനെ സെറ്റ് ചെയ്തു ഇപ്പൊ മാംസം ഭക്ഷിക്കാതിരിക്കാൻ മാംസം ഭക്ഷിച്ചിട്ട് പഴകിയിട്ടുള്ള ആളുകൾക്ക് അത് ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുന്നത് ഞാൻ കാണുന്നുണ്ട് വളരെ വിഷമിക്കണമുണ്ട് നേരെ മറിച്ച് അച്ഛൻ വിഷമിച്ചു മകന് കൊടുത്തേ ഇല്ല ആ മകൻ അതിന്റെ ബുദ്ധിമുട്ടേ അറിയില്ല അയാള് അതിന്റെ വിഷമയില്ലാത്ത ഒരു ശരീരത്തോടു കൂടിയാണ് വളർന്നു വരുന്നത് അയാള് മൂവ് ചെയ്താ മതി അവര് കണ്ടു ചിലതൊക്കെ ഉപാധിയുടെ ദോഷങ്ങൾ ഒറ്റ ലൈഫില് ചിലപ്പോ പെർഫെക്ഷനിൽ കൊണ്ടുവരാനേ കഴിയില്ല അതുകൊണ്ട് ജനറ്റിക്കലി യു ഹെൽപ്പ് ദ നെക്സ്റ്റ് ജനറേഷൻ യു ഹെൽപ്പ് ദ നെക്സ്റ്റ് ജനറേഷൻ എങ്ങനെയാണെങ്കിൽ സൗകര്യമായിട്ടിരിക്കാൻ പറ്റും എന്തൊക്കെ ഡിസ്ട്രാക്ഷൻ അവർക്ക് ഇല്ലാതിരിക്കാൻ പറ്റും ക്ഷേമം എന്ന് പറയുന്നത് അധ്യാത്മമാണ് ഭോഗമല്ല അപ്പോൾ നമ്മൾക്ക് ഭോഗത്തിനെ ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ വിഷമിക്കണത് കാണുമ്പോൾ അടുത്ത ജനറേഷൻ ആ ഭോഗത്തിനുള്ള വകകൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാം അപ്പം നമ്മൾ കാണാം നമ്മളെക്കാളും അവർ സമാധാനമായിട്ടിരിക്കും ശാന്തിയോടെ ഇരിക്കും നമ്മൾ വിചാരിക്കുന്നത് സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും കൂടുതൽ ഭോഗവസ്തുക്കൾ അവർക്ക് ഇട്ടു കൊടുക്കാന്നാണ് ഞാൻ തിന്നാത്ത വിഷം എനിക്കോ വിഷം തിന്നാൻ കഴിഞ്ഞില്ല മകനെങ്കിലും തിന്നട്ടെ എന്നാണ് അപ്പൊ അങ്ങനെ ജനറ്റിക് ക്ലോക്ക് യു ഹാവ് ടു സെറ്റ് മോർണിംഗ് ടു നൈറ്റ് ഇങ്ങനെ എങ്ങനെ ഇരിക്കുന്നു ഇന്ന രീതിയിലിരിക്കുന്നു അങ്ങനെ ആ നിയത്ത നിത്യകർമ്മ അനുഷ്ഠാനങ്ങൾ എന്ന് പറയണത് പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ വലിയ തപസാ അത് വളരെ ചെറിയ കാര്യമാണ് ഒരോ മണിക്കൂർ ജപം ചെയ്യാ സന്ധ്യാവന്തനം കഴിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അത്രേ വേണ്ടു അല്ലേ പക്ഷെ എന്താ ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ പറ്റാത്തത് രണ്ട് കാര്യം ഒന്നും ഇയാൾക്ക് വിൽ പവർ ഇല്ല ആ വിൽ പവറിന്റെ കാര്യമാണ് അടുത്ത ഡിസ്കഷൻ വരാൻ പോണത് വിൽ പവർ ഇല്ല രണ്ട് വിൽ പവർ ഇല്ലാത്തത് വിൽ പവർ എന്ന് പറയണത് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമല്ല ഇറ്റ് ഷുഡ് ബിർ In your psychosomatic system. നിങ്ങളുടെ ശരീരത്തില് അതിനുള്ള ഒരു വക ഉണ്ടാവണം എളുപ്പത്തിൽ അത് വരണം അത് വരണമെങ്കിൽ എന്ത് വേണം ആ അച്ഛനോ അമ്മയോ ആരുടെ കയ്യിൽ നിന്ന് ആ ശരീരം കിട്ടിയോ അവർക്ക് എത്ര ഉണ്ടോ അത് പ്രകൃതി നിങ്ങളുടെ ഉള്ളിൽ അതിന്റെ അംശം അവിടെ ഇട്ട് വയ്ക്കും അവിടെ ഡെവലപ്പ് ചെയ്യാൻ ഈസി നിഷ്ഠ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ കിടന്ന് വിഷമിക്കും നമ്മൾ വിഷമിക്കുന്നത് നല്ലതാണ് വിഷമിച്ച് വിഷമിച്ച് വിഷമിച്ച് യത്നം ചെയ്ത് പരിശ്രമം ചെയ്ത് കുറച്ചൊരു അമ്പത് പെർസെന്റ് വിജയം വന്നാൽ ആ അമ്പത് അടുത്ത ജനറേഷൻ എടുത്തുകൊണ്ട് ജനിക്കും അവിടുന്ന് ആണ് അവർ തുടർന്ന് പ്രകൃതിയുടെ ഉള്ളിൽ മുഴുവൻ ഈ രീതിയിലാണ് പരമാർത്ഥ ദർശനം മാത്രമേ ഉള്ളൂ ഒറ്റ അടിക്ക് പക്ഷെ പ്രകൃതിയുടെ കാര്യത്തിൽ നമ്മൾക്ക് വിഷമുണ്ടാവുന്നതിനൊക്കെ ഉപേക്ഷിക്കാനും നിവർത്തിക്കാനും ഇന്ദ്രിയ നിഗ്രഹം മനോനിഗ്രഹം ധർമ്മം എന്ന് പറയുന്നത് അതാണ് ആ ധർമ്മത്തിന്റെ ഫീൽഡില് തപസ് പരമ്പര പരമ്പര പരമ്പരയായിട്ട് വന്ന അച്ഛൻ മകൻ എന്ന് വരുമ്പോ കുറേ കഴിയുമ്പോ കാണാം ആ പരമ്പരയില് ഈ വിത്തിട്ടാൾ എവിടെയോ അല്ലെ ഒരു തെങ്ങ് എൺപത് വയസ്സിൽ ഒരാൾ വെക്കുമ്പോൾ അയാൾക്ക് തെങ്ങ് കിട്ടുമെന്ന് വന്നിട്ടാണോ വെക്കുന്നത് ആരോ തേങ്ങ കിട്ടും അല്ലേ അതുപോലെ ഈ തപസ്സിന്റെ വിത്ത് പാകി ആ പരമ്പരയിൽ എവിടെയോ ഒരു രമണ മഹർഷി വരും ചിലപ്പോ രമണ മഹർഷിയുടെ അച്ഛനും അമ്മയൊന്നും കണ്ടാലോ ഒന്നും ഒന്നും അറിയില്ല മുത്തശ്ശനോ മുത്തശ്ശിയോ കണ്ടാ അറിയില്ല പരമ്പര അന്വേഷിച്ചു പോയാൽ കാണാം അവിടെ അന്വേഷിപ്പിക്കുമ്പോൾ കാണാം ഓരോ പരമ്പരയിൽ ഓരോരോ ആള് സന്യാസി ആയിട്ട് പോയിട്ടുണ്ട് ജീവൻ ജനിക്കാൻ ഈ ഭാരതദേശത്തിൽ മാത്രം ഇങ്ങനത്തെ കൃഷി എങ്ങനെ ഇറങ്ങി അതൊരു ചെറിയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു ഭൂമിയിൽ എത്രയോ രാജ്യങ്ങളുണ്ട് അവരൊക്കെ വരെ പണിയില്ലേ അവരൊക്കെ എന്തു ചെയ്തു ഇത്രയും ജ്ഞാനികൾ ഇവിടെ എങ്ങനെ വന്നു അതിന്റെ സീക്രട്ട് ഈ വൈദിക സംസ്കാര പദ്ധതിയാണ് അതിന് ഫീൽഡ് തയ്യാറാക്കുകയാണ് അവർ ചെയ്തത് ഡയറക്റ്റായിട്ട് കൊടുത്തില്ല സിസ്റ്റം ഉപാധിയെ അതിനെ പരിരക്ഷിച്ചുകൊണ്ടുവന്ന് ഒരുമാതിരി നിർത്തി ഈ നിയതം സ്വധർമാചരണം എന്നുള്ളത് പറഞ്ഞ് ജനറേഷനിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്തു ഏത് സിസ്റ്റമും ഏത് വിഷയത്തിലും കുഴപ്പമുണ്ടാവും കുഴപ്പത്തിനെ നമ്മൾ നോക്കിയാൽ നമ്മൾക്ക് സിസ്റ്റമേ ദോഷമാണെന്ന് തോന്നും പിന്നെ പക്ഷേ നിങ്ങൾക്ക് അതിന് സബ്സ്റ്റ്യൂട്ടായിട്ട് ഒരു സിസ്റ്റം വെച്ച് നോക്കുമ്പോഴാണ് അറിയുക പഴയ തന്നെ ബെറ്റർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നിങ്ങൾ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം നിങ്ങൾ ഏതിനെ നിഷേധിച്ചു അത് മുഴുവൻ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സിസ്റ്റത്തിലും വരും അതേ ദോഷം വരും കാരണം ദോഷമില്ലാത്ത ഒരു കർമ്മവും ഈ ലോകത്തിൽ സാധ്യമല്ല കഴിയുന്നതും കുറച്ചുകൊണ്ട് ചെയ്തു കൊണ്ടുപോയാൽ അതിനുള്ളിൽ എവിടെയെങ്കിലുമൊക്കെ സർവമംഗളമായോ നോദിക്കും അങ്ങനെയാണിവിടെ അപ്പോ നിയത്തം ഈ കർമ്മത്തിനെ നിയതമായിട്ടുള്ള കർമ്മം ചെയ്യുന്നു സ്വാഭാവികമായിട്ടുള്ള കർമ്മം ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു സംഘരഹിതം അറ്റാച്ച്മെന്റ് ഇല്ലാതെ ചെയ്യുന്നു അരാഗദ്വേഷത കൃതം രാഗമോ ദ്വേഷമോ ഇല്ലാതെ ചെയ്യുന്നു അഫലപ്രേപ്സുന ഫലത്തിനെ ഇച്ഛിച്ചുകൊണ്ട് എന്തെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞ് ചെയ്യണില്ല അങ്ങനെ ചെയ്യപ്പെടുന്ന കർമ്മ അത് സാത്വികമായ കർമ്മമാണ് നിയതം നിത്യം സംഘരഹിതം ആസക്തി േഷ അങ്ങനെയുള്ള കർമ്മം സാത്വർമ്മമാണ് അടുത്തത് നോക്കേപ്സുഹ കിയത ബഹുലാസം ർമാരിയത്തെ എന്തെങ്കിലും ഡിസയർ മോട്ടിവേഷൻ മോട്ടീവ് വെച്ചുകൊണ്ട് എന്തെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോട് കൂട്ടും ഫലമായിട്ട് ഞാൻ ഞാൻ സാധിക്കും ചെയ്യണം അഡ്വർടൈസ്മെന്റ് ഒക്കെ അങ്ങനെയാണല്ലോ അച്ചീവ് യു ക്യാൻ ഡൂ ഇറ്റ് അച്ചീവ് എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലൊരു എനർജി ബട്ട് യു ഡോൺ നോ ദ നെഗറ്റീവ് എനർജി സഹങ്കാരേണ വേ അതു മുഴുവൻ ഉള്ളിലുള്ള എനിക്ക് എനിക്ക് കിട്ടാൻ ബഹുളാസം ഒരുപാട് ആയാസപ്പെട്ട് വശമിച്ച് അതിനുവേണ്ട സാമഗ്രികളൊക്കെ ശേഖരിച്ച് ഒരുപാട് പല വിധത്തിലുള്ള സാമഗ്രികളോടുകൂടി ചെയ്യപ്പെടുന്ന കർമണ്ഡലോ തത് രാജസുദാഹൃതം യോ ഹി പരമാർത്ഥനിരഹംകാര ആത്മവിത് നമേപ്സുത്വഹുളാസ കർത്തൃത്വപ്രാപ്തി അസ്തി ആര് പരമാർത്ഥത്തിനെ അറിഞ്ഞ് നിരഹങ്കാരനായിരിക്കുന്നു ആത്മവിത്ത് ആത്മജ്ഞാനി ആത്മാവിനെ അറിഞ്ഞവൻ തന്നെ അറിഞ്ഞവൻ തന്റെ സ്വരൂപം അറിഞ്ഞവൻ അവന് ആഗ്രഹമോ പല കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹങ്ങളോ ഒന്നും ഉണ്ടാവില്ല അയാള് പലതിൽപ്പെട്ട് വലയില്ല പല വിഷയങ്ങളിൽ പെട്ട് അയാള് വലയില്ല അയാള് പ്രശാന്തനാണ് സാത്വിക അഭി അനാത്മവിഹങ്കാരതരാജസ താമസയോ സാത്വികമായിട്ടിരിക്കുമ്പോ പോലെ അഹങ്കാരം ഉണ്ടെങ്കിൽ അവന് അവൻ കർമ്മം ചെയ്യുമ്പോ ജ്ഞാനമില്ലെങ്കിൽ അഹങ്കാരം ഉണ്ടാവും പിന്നെ രാജസത്തിലും താമസത്തിലും പറയാനില്ല സാത്വിക സാത്വികത്തിൽ പോലും ജ്ഞാനമില്ലെങ്കിൽ അഹങ്കാരം ഉണ്ടാവും അപ്പോ നിയതം ആയിട്ടുള്ള മായി രാഗദ്വേഷമില്ലാതെ ചെയ്യുന്നത് സാത്വികം ആഗ്രഹത്തോടുകൂടെ അഹങ്കാരത്തോടുകൂടെ പല വിഷയങ്ങളെ ചേർത്ത് ബഹുളായാസം ഒരുപാട് മെനക്കെട്ട് ചെയ്യുന്നത് രാജസം ലോകെ അനാത്മവിദി ശ്രോത്രിയോ നിരഹങ്ക നിരഹങ്കാരം ബ്രാഹ്മണി അതുകൊണ്ട് അങ്ങനെ ആപേക്ഷികമായിട്ട് നോക്കുമ്പോ സാഹങ്കാരേണെന്ന് പറഞ്ഞത് ഇവിടെ ആ ജ്ഞാനമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലല്ല പ്രബലമായ അഹങ്കാരം പ്രൈഡ് അതോടുകൂടെ ചെയ്യപ്പെടുന്ന കർമ്മ ഉണ്ടല്ലോ അതാണ് രാജസമുദാഹൃതം അല്ലേ ഇപ്പൊ നമ്മളെ ലോകത്തില് നമ്മൾ വളർത്തുന്ന കർമ്മങ്ങളൊക്കെ അങ്ങനെയാണ് ഇപ്പൊ സ്കൂളിൽ പോലും റാങ്ക് ഈ കുട്ടിക്ക് ഫസ്റ്റ് അതൊക്കെ ചിലരൊക്കെ ചിന്തിച്ചിട്ടാണ് ചില ആൾട്ടർനേറ്റ് സ്കൂൾസ്ന്ന് പറഞ്ഞ് തുടങ്ങി അതായത് കുട്ടികൾക്ക് രാഗദ്വേഷം ഉണ്ടാക്കരുത് അല്ലേ കുട്ടികൾ വീട്ടിൽ വരുമ്പോ എത്ര മാർക്ക് നിനക്ക് കിട്ടി െട്ട് ജ്യോതിഷിന് എത്ര മാർക്ക് കിട്ടി അത് ഒരു പുതിയ പേരാണ് അടുത്ത കുട്ടിയാണ് അമ്മക്ക് അതൊക്കെ അറിയാം അയാൾക്ക് തൊണ്ണൂറ്റിയൊമ്പത് കൊടുത്തു മകൻ അവിടുന്ന് തൊട്ട് തുടങ്ങി റാങ്ക് ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ നമ്മളുടെ രാഗദ്വേഷക്കെ പിഞ്ചു കുട്ടികളുടെ തലയിലേക്ക് കയറ്റിവെച്ചു മാത്സര്യമൊക്കെ അവരുടെ ഉള്ളിലേക്ക് കയറ്റിവെച്ചു അതുകൊണ്ട് ഈ ആൾട്ടർനേറ്റ് സ്കൂൾസ് എന്ന് പറഞ്ഞ് പലരും തുടങ്ങിയെന്ന് വെച്ചാൽ ഈ രാഗദ്വേഷം ഉണ്ടാവാൻ പാടില്ല റാങ്ക് ഉണ്ടാവാൻ പാടില്ല ഒന്നിനും ഒരു ടാഗ് കൊടുക്കരുത് എന്നൊക്കെ നോക്കി പക്ഷെ അതൊക്കെ എങ്കിലും അതിലും ഈശ്വര സംബന്ധമില്ലാത്തതുകൊണ്ട് ഈ നാച്ചുറലിസം എന്ന് പറയുന്നതും ഭൗതികവാദമായിട്ട് തന്നെ കലാശിക്കും അതിലും അവസാനം നോക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇതിനൊരു ലക്ഷ്യമില്ല എല്ലാവരും സമമാണ് എല്ലാവരും ഒന്നായിരിക്കണം ഒരു ഉട്ടോപ്പിയൻ ഐഡിയ എല്ലാവരും ഒരേപോലെ ഇരിക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഒന്നും നടക്കില്ല അപ്പൊ എന്താവും അപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ സമമാണ് എന്ന് തീരുമാനിക്കും അതിലും ചില കുഴപ്പങ്ങൾ പോയി ചാടും അതുകൊണ്ടാണ് ബഹുളായാസം കർമ്മ ഒരുപാട് ആയാസത്തോടു കൂടെ കർമ്മ പലതിനെ അഹങ്കാരത്തിനെ വളർത്തുന്ന കർമ്മം അഹങ്കാരത്തിന് തൂവൽ വെച്ചു കൊടുക്കുന്ന കർമ്മം അഹങ്കാരത്തിന് അലങ്കാരം ചെയ്യുന്നത് അതാണ് ഈ ലോകമെന്ന് പറയണത് അല്ലേ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമ്മൾക്ക് ഈ പേഴ്സണാലിറ്റിയെ ഇല്ലാതിരിക്കാം അൾവേസ് പവർ ഇസ് ഫ്രം ദ ഇംപേഴ്സണൽ സെന്റർ നമ്മുടെ മഹർഷിയെ കുറിച്ച് ഒരു വലിയ വിദ്വാൻ എഴുതി the mighty impersonality adu rasamana arbindo avine kurichu chodichu oru interview undayirunnu oru valiya oru alda eduthe adekham arbindo ashramathile valare close aayirunnu arbindo avine kurichu chodichu arbindo valiya yogiyana ennokku paranju vey chodicha aal paranju you were very close with arbindo what is your opinion about him he was a mighty personality അപ്പൊ അടുത്ത ചോദ്യം അദ്ദേഹം ചോദിച്ചു യു ആർ ഓൾസോ ക്ലോസ് വിത്ത് രമണ മഹർഷി വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് മൈറ്റി ഇംപേഴ്സണാലിറ്റി അതാസ്പോണ്ടിയസ് അല്ലാതെ അരവിന്ദുവിന് ഇത് ചോദിച്ചത് കൊണ്ട് സ്പോണ്ടനിയസായിട്ട് വന്നതാണ് മൈറ്റി ഇംപേഴ്സണാലിറ്റി നമ്മൾ ഈ പെർസണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ് വിഷമിക്കുന്നത് ഇതൊന്നും ഇല്ലാതെ ശാന്തമായിട്ട് സമാധാനമായിട്ടിരിക്കാം സന്തോഷമായിട്ടിരിക്കാം പ്രകൃതിയിൽ എത്രയോ വസ്തുക്കൾ മനോഹരമായൊരു പുഷ്പം പൂത്ത് കൊലച്ച് അതിന്റെ ഫ്രാഗ്രൻസ് അതിന്റെ സുഗന്ധം എല്ലായിടത്തും പരിമളം പരത്തിയിട്ട് ആരുമറിയാതെ പൊലിഞ്ഞു പോകുന്നുണ്ട് അതിനേക്കാളും വലിയൊരു വൈഭവം ഒന്നും ഇവിടെ ഫേമസ് ആയി പത്രത്തില് ഫോട്ടോ വരുന്ന ആളുകൾക്കില്ല അതുകൊണ്ട് അറിയപ്പെടുകയും പ്രസിദ്ധി കിട്ടുകയും ഒക്കെ വലിയ കാര്യമാണെന്നൊന്നും ധരിച്ചാൽ അതിനുവേണ്ടിയൊന്നും വിഷമിക്കണ്ട അങ്ങനെ വിഷമിച്ചാൽ മനസ്സിന് സമാധാനം പോവും നമ്മൾ നമ്മളായിട്ടിരിക്കുക അത്രയേ ഉള്ളൂ നമ്മൾ സമാധാനമായിട്ട് ശാന്തിയായിട്ട് ആത്മധ്യാനത്തിലാണ് സുഖം ഭഗവതാരാധനയിലാണ് സുഖം അധ്യാത്മത്തിലാണ് അതുകൊണ്ട് അനേക ആയാസങ്ങളിലേക്ക് നമ്മളെ തള്ളിവിടുന്നതും ജീവിതത്തിനെ ജടിലമാക്കുന്നതുമായി കർമ്മകലാപം മൃഗനാഥസ്വാമി പറഞ്ഞു മോഡേൺ ലൈഫിനെ തമിഴിൽ ഒരു വാക്ക് പറഞ്ഞു ആഡംബരമാണ് അലങ്കോലവാൾക്കും കാണാൻ നല്ല ആഡംബരമായ അലങ്കോലവാൾക്കും ഒരു ഫൗണ്ടേഷനും ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ അവരിത് സമാധാനമാണ് വേണ്ടത് ശാന്തിയാണ് വേണ്ടത് ആനന്ദമാണ് വേണ്ടത് അത് നിങ്ങളുടെ ഉള്ളിലാണ് അതിനനുസരിച്ച് ജീവിതത്തിനെ എത്ര കണ്ട് ഒതുക്കാൻ പറ്റുമോ നോക്കണം എന്തൊക്കെ തന്നെ തകിടം പറഞ്ഞാലും അവനവനില് ശാന്തി പൂർണത്വം അത് നഷ്ടപ്പെടാതെ ഇരിക്കാൻ ഉള്ള യത്നം നടന്നുകൊണ്ടേയിരിക്കണം അങ്ങനെയുള്ള യത്നമാണ് സാത്വികം ആയിട്ടുള്ളത് അങ്ങനെ അല്ലെങ്കിൽ രാജസം നമ്മളുടെ സെന്റർ പുറത്തു കൊണ്ടുവച്ചാൽ രാജസം അയാൾ സ്തുതിച്ചാൽ എനിക്ക് സന്തോഷം അവിടുന്ന് റെക്കഗ്നീഷൻ കിട്ടിയാൽ എനിക്ക് സന്തോഷം പ്രൊമോഷൻ കിട്ടിയാൽ എനിക്ക് സന്തോഷം അയാള് സല്യൂട്ട് സന്തോഷം അത് രാജസം നീ താമസം അടുത്ത് നോക്കൂ അനുബന്ധം ക്ഷയം ഹിംസാം അനപേക്ഷ പൗരുഷം കർമ്മാമസമുച്ച മോഹാദാരഭ്യത്തെ കർമ്മ ഈ കർമ്മം തുടങ്ങുന്നത് തന്നെ ഒരു ഡെലൂഷൻ മോഹത്തിൽ നിന്നാണ് എന്തോ ഒരു എന്തിനു ചെയ്യണമെന്ന് പോലും അറിയാതെ അല്ലെ ഇപ്പൊ നമ്മളുടെ പല കർമ്മങ്ങൾ അങ്ങനെയാണ് എന്തിനാ ഇത് പഠിക്കണത് അറിയില്ല പഠിക്കാൻ പോകുമ്പോ ആ പഠിക്കാൻ പോണ വിഷയത്തിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ ഒന്നുമില്ല എന്തോ പഠിച്ചു അത് വേറെ എന്തോ ജോലി ചെയ്തു വേറെ ഏതോ നാട്ടിൽ പോയി കുറെ സമ്പാദിച്ചു അത് സമ്പാദിച്ചതൊക്കെ ആർക്ക് കൊടുക്കണം എന്ന് ഇപ്പൊ ചിലരുടെ കാര്യം മഹാകഷ്ടാണ് ഒരുപാട് സമ്പാദിച്ചു ആർക്കെങ്കിലും കൊടുക്കണം വാങ്ങിക്കാൻ ആരുമില്ല ആ ഒരു ഭിക്ഷക്കാരന്റെ സ്ഥിതി ആലോചിച്ചു നോക്കൂ അവര് ഭിക്ഷക്കാരായിട്ട് മാറി ഒരുപാട് കയ്യിലുണ്ട് കൊടുക്കാൻ കുറച്ച് ആളുകൾ വേണം വാങ്ങിക്കാൻ ആളില്ല വേണ്ട സ്ഥലത്ത് കൊടുക്കാനും വയ്യ മോഹത്തിൽ നിന്നാണ് ആ കർമ്മം ചെയ്യണത് ഭാരതിയർ ഒരു പാട്ടുപാടി മോഹത്തെ കുറിവിടു അല്ലാൽ എന്താ മൂച്ചയെ നൃത്തി മോഹം എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ആയിട്ടുള്ള അറിവ് പുറത്തെന്തോ നേടി എടുത്തു അല്ലെ ഇപ്പൊ എല്ലാ പിള്ളേർക്കും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പറക്കണം മുകളിലേക്ക് അവിടെ എവിടെയോ പോയിട്ട് ജീവിക്കണം കുറെ കഴിയുമ്പോ തിരിച്ചു വരണമെന്ന് വിചാരിച്ചാലും തിരിച്ചു വരാൻ പറ്റണില്ല പുറത്തെന്തോ ഒരു വിഷയത്തിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് എത്രയോ ആയിരക്കണക്കിന് വർഷമായിട്ട് നമുക്ക് കിട്ടിയ പിതൃപൈതാഹമം പൈതാമഹമായ സ്വത്തൊക്കെ കളഞ്ഞു കുളിക്കുക അത് കഴിഞ്ഞിട്ട് അരേയും കുറേയുമായിട്ട് ഇന്റർനെറ്റിൽ ഗായത്രിയുടെ മഹിമ ും ജപിക്കില്ല ഗായത്രിയെക്കുറിച്ച് അമേരിക്കക്കാരൻ എന്തു പറഞ്ഞു ഗായത്രി മന്ത്രം ജപിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സിഗ്നൽ വരണു അത് നൂറ്റി എന്തോ ഒരു തലയ്ക്ക് പ്രാന്താണേ ഇയാള് ജപിക്കില്ല ഇയാൾ അനുഷ്ഠാനം ചെയ്യില്ല ഇയാൾ തപസ് ചെയ്യില്ല ഈ ക്യാമറയിൽ ഫോട്ടോ എടുത്തു അതിൽ ഫോട്ടോ എടുത്തു തലയ്ക്ക് സുഖാണ് ഉള്ളിലുള്ള അധ്യാത്മമായിട്ടുള്ള കാര്യത്തിന് വെളിയിൽ അളവെടുക്കാൻ മെഷീനും കൊണ്ട് നടക്കാം ഇത്രയ്ക്ക് ചൈൽഡിഷ് ആയിട്ട് ഋഷി പരമ്പരയിലുള്ളവർ ആയിത്തീരാൻ തപസ്സുകൊണ്ടാണ് നമ്മളുടെ സംസ്കാരം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തപസ്സുകൊണ്ടേ വീണ്ടും അത് ജീവിക്കുകയുള്ളൂ പ്രചാരം കൊണ്ട് ജീവിക്കില്ല പണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കുറെ കെട്ടിടങ്ങൾ കെട്ടാം കുറെ കലാപരിപാടികൾ നടത്താം നിങ്ങളാണ് സ്വത്ത് നിങ്ങൾ ഓരോരുത്തരുമാണ് ട്രഷർ നിങ്ങൾ അനുഷ്ഠാനം ചെയ്യാതെ നിങ്ങളിത് സ്വായത്തമാക്കാതെ വേറെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ യത്നിക്കരുത് ദൈവിച്ചത് കൃഷി ചെയ്ത് ഹാർവെസ്റ്റ് ആദ്യം കൊയ്ത്ത് നടത്തണം എന്നിട്ട് പിന്നെ നോക്കാം നെല്ല് കൊണ്ടുപോവാൻ എല്ലാവരും വരും പ്രകൃതി മുഴുവൻ വരും വതയ്ക്കുന്നതിന് മുമ്പ് കൊയ്യാൻ നോക്കരുത് സ്വയം ആനന്ദം കണ്ടെത്തുക ആ ആനന്ദം നിത്യ അനുഷ്ഠാനത്തിലൂടെ കണ്ടെത്താൻ പറ്റുള്ളൂ ഏകാന്തത്തിലെ കണ്ടെത്താൻ പറ്റുള്ളൂ സ്വയം അനുഷ്ഠാനം ചെയ്ത് ജീവിച്ച് അധ്യയനം ചെയ്ത് ശാസ്ത്രാർത്ഥത്തിന് സം അധീതി ബോധ ആചരണ പ്രചരണം അധീതി ബോധ ആചരണം പ്രചരണം പഠിച്ചു അതിനെ ഉണർന്നു സ്വാംശ സ്വായത്തമാക്കി തീർത്തു എന്നിട്ട് ഉണർവ് വന്നു കഴിയുമ്പോൾ അത് തനിയെ പ്രചരിച്ചോളൂ അതിനൊരു ഊക്കം വീര്യം വരും അനഭിഭവത്വം വരും ആ വീര്യം കൊണ്ടത് പ്രചരിച്ചോളും അപ്പൊ ഒരു കർമ്മം മോഹം കൊണ്ടാണ് ആരംഭിക്കണതെങ്കിൽ ആ മോഹത്തിനെ നുള്ളിക്കളഞ്ഞാൽ കർമ്മം എന്തിനാ ഒരു ആക്ഷൻ ചെയ്യാൻ പുറപ്പെടുമ്പോ എന്താ ചെയ്യാൻ പുറപ്പെടുന്ന ആലോചിച്ച് നോക്കിയാൽ ഇത് എന്തിനു വേണ്ടിയാ ചോദിച്ചാൽ അത് പോകും അനുബന്ധം ഇനി വരാൻ പോണതാണ് അനുബന്ധം ചിലതിനൊക്കെ പിന്നാലെ വരണത് അനുബന്ധം എന്ന് പറയും അതിനെ ചിന്തിക്കാതെ ഇത് ചെയ്താൽ ഫ്യൂച്ചർ എന്താവും ചിന്തിക്കുകയില്ല ക്ഷയം ശക്തിക്ഷയം ഉണ്ടാവും അർത്ഥക്ഷയുണ്ടാവും അങ്ങനെയുള്ള കർമ്മം ഈ കർമ്മം കൊണ്ട് ഹിംസ മറ്റുള്ളവർക്ക് ഹിംസ ഉണ്ടാവും ഇതിനൊക്കെ വിട്ടിട്ട് പൗരുഷം പൗരുഷം നമുക്ക് ഭഗവാൻ തന്നിരിക്കണത് ഇന്ദ്രിയ നിഗ്രഹം തപസ് എങ്ങനെയെങ്കിലും ഗുരുണ്ട് ഇന്ദ്രിയ മനോ നിഗ്രഹം സാധിച്ച് ധർമ്മത്തിനെ ആ പൗരുഷത്തിനെ തുരുപ്പിടിക്കാൻ പൗരുഷം തുരുപ്പുപിടിച്ച് തുരുമു പിടിച്ചു പോയി പൗരുഷമനപേക്ഷേ മോഹാദാരഭ്യത്തെ കർമ്മ ഈ വാസന പ്രകൃതി ഏത് വഴിക്ക് വലിച്ചുകൊണ്ട് പോകണോ ആ വഴിക്ക് ചിന്തിക്കാതെ ഉത്തമാങ്കത്തിന് ഓഫ് ചെയ്ത് വെച്ചിട്ട് പ്രവർത്തിക്കണം ചെയ്യണ കർമ്മത്തിന്റെ പൂർവാപരം ചിന്തിക്കാതെ ഇതിന്റെ റിസൾട്ട് എന്താവും ചിന്തിക്കാതെ ഇതിൽ നിന്ന് എന്താണ് പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തു വരുന്നത് എന്നുള്ളത് പലപ്പോഴും ഈ കർമ്മം ചെയ്യുന്ന ആൾക്ക് അറിയുകയേയില്ല അങ്ങനെ ഇർറെസ്പോൺസിബിൾ ഡുവേഴ്സ് അവരുടെ കളക്റ്റീവ് കോൺട്രിബ്യൂഷനാണ് നാച്ചുറൽ ഡിസ്ട്രാക്ഷൻ കോൺഷ്യസ് ആയിക്കറിയുമ്പോൾ എ പേഴ്സൺ ഹു ഈസ് കോൺഷ്യസ് എ വാക്കിംഗ് ഡെയിഞ്ചർ ടു ഫോൾസ് ഫോർ ഉണർന്നു കഴിഞ്ഞാൽ the moment he is വേക്കണ്ട അയാൾ അഗ്നിയാണ് അതാണ് വേണ്ടത് ഉത്തിഷ്ഠത് അഗ്നിമിച്ഛം അങ്ങനെയല്ലാതെ പൂർവാപരം ചിന്തിക്കണില്ല ഫ്യൂച്ചർ എന്താ ഒരു കുഴപ്പമില്ല അത് എന്തോ ആയിട്ട് കോട്ടി അതിൽ ഹിംസ താൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ചില ഹിംസകളൊക്കെ പ്രകൃതിക്കോ സഹപ്രാണികൾക്കോ വരുന്നുണ്ട് അതൊന്നും നമ്മളെ കൊണ്ടൊന്നും ഒന്നും ചെയ്യണു ഞാൻ കണക്കെഴുതല്ലേ അതിൽ നിന്നും യാതൊരു ഉയർന്ന കാര്യവും പ്രതീക്ഷിക്കാൻ നോക്കുകയില്ല ഇനി കർത്താവാണ് അടുത്ത വിഷയം അത് നമ്മൾ നാളെ നോക്കാം സത്യം ജാനമനന്ത പരമാകാശോണരിലോലമനയാസം പരമായാസം മായാതകാര ഥംംം പ്രണമത ഗോവിം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ൈവിഷ്ട്രീപുരഗ് ഭാരനംഭവഗ്നം കൈവല്യം നവനോഹാരം ഭുവനം വൈമലയസ്ഫുട ചേവൃത്തിശേഷാവാസമനം ം പ്രണമത ഗോവിം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം കാമാതിമുദി കാളമന കാളന്ദീഗതാളിയ ശിരസി മുഹൂർത്തം കാളം കാളകലാതീതം കലിതോ ശം കാത്രയ ഗതിഹേതു പ്രണമത ഗോവിന്ദം പരമാനന്ദം ച്യം മിഞ്ചിസ്തിഥാഷ്ടം ഗുരുമാത്മനം